ആരെങ്കിലും നേർവഴി തേടിയാൽ അവൻ സ്വന്തം നന്മയ്ക്കായി മാത്രമേ തേടുന്നുള്ളൂ ആരെങ്കിലും വഴിപിഴച്ചാൽ അവൻ സ്വന്തം നാശത്തിനു വേണ്ടിയല്ലാതെ പിഴച്ചുപോയിട്ടില്ല ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല ഒരു ദൂതനെ നാം അയക്കുന്നതുവരെ ശിക്ഷിക്കുന്നവരല്ല നാം